രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു പൗലോ കുറെ വിറക് പെറുക്കി ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബ്രമ്മ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ സംശയമില്ല കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരുപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു അവനോ ആ ജന്തുവിനെ തിങ്ങി കുടഞ്ഞു കളഞ്ഞോ ദോഷം ഒന്നും പറ്റിയില്ല അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു ആ സ്ഥലത്തിന്റെ സമീപത്ത് എന്ന ദ്വീപ് പ്രമാണിച്ച് ഒരു ജന്മഭൂമിയുണ്ടായിരുന്നു അവൻ ഞങ്ങളെ ചേർത്ത് മൂന്ന് ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു പൌലോസ് അവന്റെ അടുക്കൽ പ്രാർത്ഥിച്ച് അവന്റെ കൈവെച്ച് സൌഖ്യം വരുത്തു ഇത് സംഭവിച്ച ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൌഖ്യം പ്രാപിച്ചു അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു തുറക്കൂസയിൽ കരക്കിറങ്ങി മൂന്നുനാൾ പാർത്തു അവിടെ നിന്ന് ചുറ്റി ഓടി ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ അടിച്ചതിനാൽ പിറ്റേന്ന് പുറ്റോലിയിലെത്തി അവിടെ സഹോദരന്മാരെ കണ്ടു തങ്ങളോടുകൂടെ ഏഴുനാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ റോമയിലെത്തി അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും സ്ത്രീമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു അവരെ കണ്ടിട്ട് റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൌലോസിന് അനുവാദം കിട്ടി മൂന്നു ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദൻമാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത് യഹൂദന്മാര് ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ എലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ വിസ്തരിച്ചാറേ മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായി എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്നാൽ യഹൂദന്മാർ എതിർ പറകയാൽ ഞാൻ ചൊല്ലേണ്ടി വന്നു എന്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ലതാണ് ഇത് നിങ്ങളെ കണ്ട് സംസാരിക്കണമെന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല് ചുമക്കുന്നത് അവനോട് നിന്റെ സംഗതിക്ക് യഹൂദിയയിൽ നിന്ന് ഞങ്ങൾ കെഴുത്തുവരികയോ സഹോദരന്മാരിൽ ആരും നിന്നെക്കൊണ്ട് യാതൊരു ദോഷവും പറുകയോ ചെയ്തിട്ടില്ല എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം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 എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യക്ഷയാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ ആകെയാൽ ദൈവം തന്റെ ഈ രക്ഷ ജാതികൾക്ക് ഐച്ഛവിക്കുന്നു അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളും അവൻ കൂലിക്കുവാങ്ങിയ വീട്ടിൽ രണ്ട് സംവത്സരം മുഴുവൻ പാർത്തു തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു